അധ്യാസം എന്ന് പറഞ്ഞു അധ്യാസം എങ്ങനെയാണ് ഈ ജീവനിൽ പ്രവർത്തിക്കുന്നതെന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത് ശരീരം ആത്മാവിൽ അധ്യസിക്കുന്നു ധർമ്മീദ്ധ്യാസം ഒന്നൂടെ അപ്പൊ കേവലമായ ധർമ്മീയധ്യാസ ശരീരത്തിൽ ആത്മാവിനെ അധ്യസിച്ചാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നും ശരീരത്തെ ആത്മാവിൽ അധ്യസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്റെ അർത്ഥം ഞാൻ എന്താ അനുഭവം ഉണ്ടാകും ഈ അനുഭവം തന്നെയാണ് അധ്യാസം അധ്യാസം എന്ന് അറിവാണ് െ തുടർന്നു പിന്നെ സംഭവിക്കുന്നതാണ് ദുഃഖത്തിന് കാരണമെന്ന് അതിൽ ആദ്യം ബാഹ്യധർമ്മങ്ങളെടുക്കുന്നു ഭാര്യയാപുത്രാദികളിൽ സുഖവും ദുഃഖം ഉണ്ടാകുമ്പോൾ ഭർത്താവിന് അല്ലെങ്കിൽ പിതാവിന് സുതുക്കാനുഭവം ഉണ്ടാകുന്നു ഇങ്ങനെയാണ് ബാഹ്യമായ വിഷയങ്ങൾ സുഖുഖങ്ങൾക്ക് കാരണമായി തീരുന്ന ഒന്നാണ് അവിടെയും സംഭവിക്കുന്ന അഭ്യാസമാണ് ഭാര്യയെ കുറിച്ച് ഭർത്താവിന് തന്റെ ഭാര്യ എന്ന് വിചാരിക്കുന്നു പുത്ര പിതാവ് തന്റെ പുത്രനെന്ന് വിചാരിക്കുന്നു ഭാര്യനും പുത്രനുമൊക്കെ ദുഃഖം ഉണ്ടാകുന്നു അല്ലെങ്കിൽ സുഖമുണ്ടാകുന്നു അപ്പൊ ഈ തന്റെ ഭാര്യ തന്റെ പുത്രൻ എന്ന് വിചാരിക്കുന്നതിനാണ് സ്വാമിത്വം എന്ന് പറയുന്നത് തൻ്റെ എന്നു പറയുമ്പോൾ താന് അതിൻ്റെ ഉടമസ്ഥനായി എൻ്റെ പശു എന്നു പറയുമ്പോൾ ഞാൻ പശുവിൻ്റെ സ്വാമിയായി ഈശ്വരൻ എന്നും പറയാം സ്വാമി ഉടമസ്ഥൻ എന്നർത്ഥം അത് എന്താണ് എൻ്റെ എന്നുള്ള ആ ബോധം അത് തന്നെയാണ് ഉടമസ്ഥത എന്ന് പറയുന്നത് രണ്ടു ഒന്നേ തന്നെ എന്ന് പറഞ്ഞാൽ ഞാനതിനു കുടയവനായി അങ്ങനെ ഉടമസ്ഥതാ ബോധം വരുമ്പം അവരിലിരിക്കുന്ന സുഖതുക്കങ്ങളെല്ലാം അവർ അവരിലാണ് ഇരിക്കുന്ന സ്വദുഖങ്ങൾ തന്നെ അവരാണ് സുഖ ദുഃഖം അനുഭവിക്കുന്നത് പക്ഷെ താൻ ഉടമസ്ഥനാവുമ്പം ആ ഉടമസ്ഥതയിലൂടെ തൻ്റെ ശരീരത്തിയത് വരുന്നു ആ ശരീരത്തിൽ എന്തുകൊണ്ട് വരുന്നു കാരണം എൻ്റേതാണ് അവരെല്ലാം എൻ്റെതാണ് അവരെന്നറിയണമെങ്കിൽ അതിനു ഞാനാരാണെന്നറിയുന്നു ഞാൻ എന്റെ ഞാനെന്ന് പറയുന്നു ശരീരത്തെ കാണിക്കുന്നു അപ്പൊ എൻറെ എന്ന് പറയുമ്പോ ശരീരവുമായിട്ടുള്ള മറ്റൊന്നിന്റെ സംബന്ധത്തെ കാണിക്കുന്നു മറ്റൊന്നുമായിട്ടുള്ള ശരീര സംബന്ധത്തെ കാണിക്കാനാണെന്ന് പറയുന്നത് എന്റെ അപ്പൊ ഞാനെന്ന് പറയുന്നത് ശരീരത്തെ കാണിക്കുന്നു എന്റെ എന്ന് പറയുന്നത് ശരീരവും മറ്റൊരു വസ്തുവുമായിട്ടുള്ള സംബന്ധം ആ സംബന്ധത്തെ കാണിക്കുമ്പോഴാണ് സ്വാമിത്വം വരുന്നത് ഞാൻ ഉടയവനാണ് അവരുടെയൊക്കെ അവരുടെ സുഹൃത്തങ്ങൾ എന്തു ചെയ്യുന്നു എന്റെ ആത്മാവിലേക്ക് വരുന്നു സ്വാമിത്വത്തിലൂടെ അതാണ് പ്രണാളിക എന്ന് പറയുന്നത് പ്രണാളിക എന്ന് പറയുന്ന വഴിയിലൂടെ അപ്പോ അത് ശരീരത്തിലെത്താനുള്ള വഴിയാണ് ആ സ്വാമിത്വം കാരണം ശരീരം കൊണ്ട് ഭാര്യയെന്ന് പറയാൻ പറ്റും മകനെന്ന് പറയാൻ പറ്റും കാരണം ആത്മാവിനെ സംബന്ധിച്ച് അത് അവിടെ ഭാര്യയും മകനും ഒന്നുമില്ല അത് നിർഗുണ നിരാകാരം നിത്യശുദ്ധമായ വസ്തുവാണ് അപ്പോ ആത്മാവിനേക്ക് ആ സ്വാമിത്വത്തെ ആരോപിക്കും ആരോപിക്കുമ്പോഴാണ് എന്റെ ഭാര്യ എന്റെ മകൻ സുഖിക്കുന്നു ദുഃഖിക്കുന്നു എന്ന് പറയാം അങ്ങനെ വരുമ്പോൾ എന്തുവരുന്നു അത് എന്റെ ഭാര്യ എന്റെ മകൻ സുഖിക്കുന്നു ദുഃഖിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ആത്മാവിലേക്ക് അധ്യസിക്കുന്നു വാസ്തവത്ത് ഞാൻ ആത്മാവാണ് ഞാനെന്ന് ശരീരത്തെ അറിയുന്നുണ്ടെങ്കിലും ഞാനെന്ന് പറയുന്നത് ചൈതന്യമാണ് അപ്പൊ ചൈതന്യം എന്ന് പറയുന്നത് ഞാൻ ആത്മാവാണ് അപ്പോൾ ഈ ആത്മാവിൽ സംഭവിക്കുന്നോണ്ട് കാര്യം പുത്രമൊക്കെ ദുഃഖിക്കുമ്പോഴോ സോഹിക്കുമ്പോഴോ ഞാൻ സോഹിക്കുന്നു ദുഃഖിക്കുന്നു എന്നുള്ളത് എന്നുള്ള അനുഭവം ഉണ്ടാവും അപ്പൊ സുഖ ദുഃഖ അനുഭവങ്ങൾക്ക് കാരണം ഭാഷകാരം പറയുന്നത് വ്യാഖ്യാനിക്കുന്ന അനുസരിച്ച് എന്താ കാരണം എന്താണ് ജാമകം ശരീരത്തിൽ ശരീരമായിട്ട് അത് പക്ഷകാനം പറയുന്നു ഈ ധർമാധ്യാസം സുഖ ദുഃഖാദികൾക്ക് കാരണം ധർമാധ്യാസം ധർമാധ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ധർമാധ്യാസം അധ്യാസം എന്ന് വെച്ചാൽ അതൊരു അറിവാണ് ധർമാധ്യാസം എന്ന് പറഞ്ഞാൽ ഒരറിവ് ആ അറിവ് ശരീര സംബന്ധിയായി ഉണ്ടാകുന്നു ശരീരവുമായി ബന്ധപ്പെടുത്തിയൊരറിവുണ്ടാകും അറിവുണ്ടാകുമ്പം ഭാര്യ പുത്രാദികളെയൊക്കെ ദുഃഖങ്ങൾ തന്നിൽ തന്നിൽ അധ്യാസ രൂപത്തിൽ നിൽക്കുന്നു അധ്യാസ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ തന്റെ ദുഃഖം അവരുടെ ദുഃഖത്തെ തന്റെ ദുഃഖമായി അറിയുന്നു എന്റെ ദുഃഖം എന്ന് പറയുന്ന എന്റെ അനുഭവമാണ് എന്റെ സുഖം എന്ന് പറയുന്നത് എന്റെ അനുഭവമാണ് അപ്പൊ എന്റെ സുഖ ദുഃഖങ്ങൾ എന്റെ ഈ അനുഭവം ഞാൻ സുഖിയാണ് ഞാൻ ദുഃഖിയാണ് പറയുന്ന ഈ അനുഭവം തന്നെ എന്താണ് അധ്യാസമാണ് അത് തന്നെ അധ്യാസം അപ്പൊ ഇങ്ങനൊരു അധ്യാസം സുഖദുഖ ഒരു വ്യക്തിയുടെ അത്യാസമാണ് അറിവാണ് അങ്ങനൊരധ്യാസം അല്ലെങ്കിൽ ഒരനുഭവം ഉണ്ടാവണമെങ്കിൽ എന്തുവേണം അധ്യാസം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം ഭാര്യപുത്രം വേണം ശരീരം വേണം ശരീരത്തിൽ അഹംബോധം വേണം ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നുകൂടെ വേണം എന്താണ് ആത്മാവ് വേണം വേറെ ആത്മാവ് ഉണ്ടെങ്കിൽ അദ്ദേഹം സംഭവിക്കും ഈ ആത്മാവ് എവിടെ ഉം അതെവിടെ കിട്ടി ഈ ആത്മാവ് ഈ ആത്മാവ് ഉണ്ടെങ്കിൽ അല്ലീ അനുഭവം ഉണ്ടാകത്തുള്ളൂ എന്നാണ് പറയുന്നത് ഈ ആത്മാവ് എവിടെ നിന്ന് ആത്മാവെന്ന് പറയുന്ന ഇങ്ങനൊരു സാധനത്തെ അധ്യാസത്തിന് വേണ്ടിയിട്ട് ശങ്കരാചാര് കണ്ടുപിടിച്ചു ശങ്കരാചാര് പറയണന്ത്ത്മാവുണ്ട് ഗുരുനീമാരെ കിട്ടിയല്ലോ അവരൊന്നും ഇങ്ങനത്തെ ഒരു ആത്മാവിനെ കുറിച്ച് പറയുന്നില്ല അധ്യാസം സംഭവിക്കുന്ന ഒരു ആത്മാവിനെ കുറിച്ച് വേറെ ആരും പറയാം ആത്മാവിനെ കുറിച്ച് പലരും പറയുന്നുണ്ട് പക്ഷെ ശങ്കരാചാര്യർ എന്താണെന്ന് പറയുന്നത് അധ്യാസം സംഭവിക്കുന്ന ഒരു ആത്മാവുണ്ട് അത് സ്വന്തമാണ് അങ്ങനെ ഒരാത്മാവുണ്ട് ശങ്കരാചാര്യർ എങ്ങനെ ആ ആത്മാവിനെ കണ്ടെത്തി അങ്ങനെ ഒരു ആത്മാവ് ഉണ്ടെന്ന് കണ്ടെത്തി മൂപ്പര് വെറുതെ പറഞ്ഞത്ര ആത്മാവിനെ കണ്ടെത്താൻ വേറെ ഒരു വഴിയില്ല പുഴിയുടെ ഒരു സിദ്ധാന്തം അങ്ങനെ ഒരു ആത്മാവിനെ കുറിച്ച് പണ്ട് ചൂഢവാദാചാര്യര് പറഞ്ഞെന്ന് വേണമെങ്കി പറയാം എന്നാലും ഇതുപോലെ ഈ അധ്യാസം ഉള്ള ഒരാത്മാവ് എന്നുള്ള രീതി ഇത്രയും വ്യക്തമായിട്ട് ആദ്യമായി ഒരു കണ്ടുപിടുത്തം നടത്തുന്ന ആരാണ് ശങ്കരാചാര്യ അങ്ങനെ ഒരാത്മാവുണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് ഉണ്ടെന്നാണ് വെറുതെ പറയുന്നതല്ല ഉണ്ടെന്ന് ശങ്കരാചാര്യ തറപ്പിച്ചു പറയുകയാണ് ശരി എന്നാ ഇതെവിടെയാളുള്ളത് ഏതാ ഇവിടെ ഈ ആത്മാവുള്ളത് എവിടെയാളെന്ന് ചോദിച്ചാ എന്താ പറയും ശങ്കരായ ആത്മാവിനെ അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ ഒരേ ഒരു സ്ഥലത്തെ കണ്ടെത്താൻ പറ്റും വേറെ ഒരിടത്തും കണ്ടെത്താൻ പറ്റില്ല മനസ്സിലായോ എവിടെ കണ്ടെത്തുന്നത് ഏത് എവിടെയാണ് ഈ ശങ്കരായ പറയുന്ന ആത്മാവിനോടെ കണ്ടെത്താൻ പറ്റുമോ ഒന്നും നോക്ക് പത്തുന്നുണ്ട് പറഞ്ഞിട്ടൊരു കാര്യമില്ല ആ ഈ ഭാഷത്തിലേ ഉള്ളു വേറെ വേറെ ആരും ഇത് പറഞ്ഞിട്ടില്ല ഞാൻ വ്യാഖ്യാനിച്ചിരിക്കുന്നു എന്റെ വ്യാഖ്യാനത്തിനുണ്ട് എന്റെ ഭാഷ്യത്തിനുണ്ടെന്നാ ശങ്കരാചാര്യ പറയും ഇങ്ങനെ ഒരാത്മാവ് അപ്പോ എന്ന് പറഞ്ഞാൽ തന്റെ സിദ്ധാന്തത്തിനുണ്ടെന്നർത്ഥം ആ സിദ്ധാന്തം എന്ന് പറയുന്നത് ശങ്കരാചാര്യര് ഭാഷ്യത്തിലൂടെ രൂപപ്പെടുത്തിയെടുക്കുകയാണ് മനസ്സിലായ ഇതെല്ലാം വ്യാഖ്യാനങ്ങളിലൂടെ നിൽക്കുന്നതാണ് മറ്റൊരു തരത്തില തെളിയിക്കാൻ പറ്റത്തില്ല കാരണം ഇതെന്താണ് ഈ പറയുന്നൊക്കെ എന്താണ് ഒരു മനുഷ്യന്റെ അറിവ് മനസ്സ് അതിനെ ചുറ്റിപ്പറ്റി അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് അത് പുറമേ ഒരു തരത്തിൽ തെളിയിക്കാൻ പറ്റിയില്ല അത് എന്തെന്ന് വെച്ചാ ആത്മനിഷ്ഠമായ കാര്യങ്ങൾ വ്യക്തിനിഷ്ഠമായ തന്നെ നിഷ്ഠമായിരിക്കുന്ന കാര്യങ്ങൾ ആത്മനിഷ്ഠമായി ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനെ ഒരിക്കലും തെളിയിക്കാൻ പറ്റില്ല അതിനൊരുദാഹരണമാണ് നമ്മൾ ഫ്രോയിഡ് എന്ന് പറഞ്ഞൊരു മനശാശ്രിയുണ്ട് പുള്ളി മനസ്സിനെ കുറിച്ച് പറയും കുറെ തിയറികൾ പറയും സിദ്ധാന്തങ്ങൾ ഒന്നെന്താണ് പറയുന്നത് മനസ്സെന്ന് പറയുന്നത് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് മൈൻഡ് അൺകോൺ ഈഗോ സൂപ്പർ ഈഗോ ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയും ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും ആർക്കും തെളിയിക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ട് ഇദ്ദേഹത്തിന്റെ സിദ്ധാന്തമാണ് പുള്ളിക്കും തെളിയിക്കാൻ പറ്റില്ല ആർക്കും തെളിയിക്കാൻ പറ്റില്ല തന്റെ സിദ്ധാന്തമാണ് അനുഭവമാണ് ഏ തന്റെ സിദ്ധാന്തമാണ് അനുഭവ അനുഭവമാണെന്ന് പറഞ്ഞ അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല അനുഭവം എന്ന് പറയുന്നത് അതൊരു വിശേഷിച്ചൊരർത്ഥവുമുണ്ട് ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു കാര്യം എൻ്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെ തെളിയിക്കാൻ പറ്റില്ല പറ്റുമോ ആർക്കും എന്തോ അനുഭവം എന്ന് പറയുക വെള്ളം അടിച്ചിട്ട് വരതും പറയും ഞാൻ യക്ഷയെ കണ്ടെന്ന് പറയും എന്താണ് എൻ്റെ അനുഭവം വെള്ളം അടിച്ചു കഴിഞ്ഞാൽ യക്ഷയെ കാണും അനന്ത കുട്ടിച്ചാതനെ കണ്ടെന്ന് പറയും വെള്ളം അടിച്ചു കഴിഞ്ഞാൽ കുട്ടിച്ചാത്തനെ കാണും അപ്പൊ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ആർക്കൊന്നും തെളിയിക്കാൻ പറ്റത്തില്ല അത് ആർക്ക് എന്ത് വേണോ പറയാം അനുഭവം ആർക്ക് വേണോ പറയാം അനുഭവം എന്ന് പറയുന്നത് തെളിയിക്കാൻ പറ്റിയൊരു കാര്യമാണ് കാരണം ഓരോരുത്തർക്കും ഓരോ അനുഭവം പറയാം ഈ സ്വാമി വരെ എനിക്ക് പല പല അനുഭവങ്ങളും ഉണ്ട് നിങ്ങൾക്ക് ആർക്കും ഇല്ലാത്ത എനിക്കതല്ലാം തെളിയിക്കാൻ പറ്റും അനു അനുഭവം എന്ന് പറയുന്നൊരു അവകാശവാദമാണ് ക്ലെയിം ഞാൻ പറയുന്നത് എനിക്ക് ഇന്ന അനുഭവമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരാൾക്ക് തെളിയിക്കാൻ പറ്റില്ല ഞാൻ കൊമ്പുള്ള മനുഷ്യനെ കണ്ടിട്ടുണ്ട് എവിടെയാ അതെന്റെ അനുഭവമാണ് എന്ന് പറഞ്ഞാൽ കൊമ്പില്ലാത്ത മനുഷ്യനുണ്ടെന്ന് എനിക്ക് തെളിയിക്കാൻ പറ്റും കൊമ്പില്ലാത്ത മനുഷ്യൻ എന്നെനിക്ക് ഞാൻ അങ്ങനെ തെളിയിക്കും കാരണം ഇയാളെ കണ്ടിരിക്കുന്ന കാര്യമാണ് കൊമ്പുള്ള മനുഷ്യനെന്ന് അപ്പൊ കൊമ്പില്ലാത്ത മനുഷ്യന് ഞാനിങ്ങനെ തെളിയിക്കും അതായത് അനുഭവമാണ് ഈ അനുഭവം എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് വില കൽപ്പിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല എപ്പോഴാണ് അതിന് വില കല്പിക്കാവുന്നത് അനുഭവത്തിന് വില വരുന്നത് എപ്പോഴാണ് ആ ഇപ്പൊ ഈ പുസ്തകന്റെ മുമ്പേ ഇരിക്കുന്നു ഞാൻ പറയുന്നു ഇതൊരു പുസ്തകമാണ് എന്തുകൊണ്ട് പറയുന്നത് എന്റെ അനുഭവമാണ് ഞാൻ പ്രത്യക്ഷമായി അനുഭവിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ അനുഭവത്തിന് വില കൽപ്പിക്കാം കാരണം നിങ്ങൾ നോക്കുമ്പോഴേ പ്രസ്തവമാണ് ഇത് ഞാൻ പറയുന്നത് ഈ പുസ്തകം സംസ്കൃതത്തിലാണ് എഴുതിയിരിക്കുന്നത് നിങ്ങളും നോക്കുന്നത് സംസ്കൃതമാണ് എന്റെ അനുഭവത്തിനും നിങ്ങൾക്കും വില കൽപ്പിക്കാം ബ്രഹ്മസൂത്രമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും ബോധ്യമാ ബ്രഹ്മസൂത്രമാണ് അപ്പോ ഒരു അനുഭവത്തിന് മൂല്യം വരണമെങ്കിൽ എന്ത് വേണം നുഭവം മറ്റുള്ളവരുടെ അനുഭവമായിട്ട് യോജിച്ചു പോണം എന്നാലേ അനുഭവത്തിന് മൂല്യം ഉണ്ടാകത്തുള്ളൂ അല്ല ഞാൻ വെള്ളം അടിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുടെ അനുഭവമായിട്ട് ഒത്തുപോകാത്ത കൊണ്ടാണ് ആ അനുഭവത്തെ അംഗീകരിക്കാൻ വയ്യാതെ അതുകൊണ്ട് വ്യക്തിപരമായ അനുഭവം എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് പരിശോധിക്കാൻ വയ്യാത്ത കാര്യമാണ് മറ്റൊരാളുടെ അനുഭവമായിട്ട് ഒത്തുപോകാത്തിടത്തോളം കാലം അത് വേറെ ഒരാൾക്ക് പരിശോധിക്കാൻ പറ്റത്തില്ല അപ്പോ അങ്ങനെ പരിശോധിക്കാൻ കഴിയാത്തടത്തോളം കാലം വ്യക്തിപരമായ അനുഭവത്തിന് അത് അയാൾക്ക് മാത്രമേ അതൊരു മൂല്യമുള്ളൂ മറ്റൊരാൾക്ക് അതിന് യാതൊരു മൂല്യം കല്പിക്കാൻ പറ്റത്തില്ല ആത്മാവിനെ സംബന്ധിച്ച് ജൈമിനി പറയുന്ന കർത്താവും ഭോക്താവുമായിട്ടുള്ള ഒരു ആത്മാവുണ്ടെന്നാണ് അത് ജൈമിനിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആത്മാവിന് വിലയുള്ളു കപിലം പറയുന്ന എന്താണ് ആത്മാവ് ഭോക്താവാണ് കർത്താവല്ല എന്ന് പറഞ്ഞാൽ അത് കപിലനെ പറ്റും ഗൗതമൻ വെറു പറയുന്നത് എന്താണ് ആത്മാവെന്ന് പറയുന്നത് ഒരു ദ്രവ്യമാണ് മണ്ണ് പോലെ ഇതുപോലെ ഒരു ദ്രവീയമാണ് ആത്മാഅ അയാളെ സംബന്ധിച്ച് അത് പറയാൻ പറ്റൂ കണാദിനും അത് തന്നെ പറയും ദ്രവീയമാണ് ശങ്കരാ പറയുന്ന എന്താണ് അത് നിർഗുണ നിരാകാരമാണ് അത് എന്റെ അനുഭവമാണെന്ന് പറഞ്ഞാൽ ശങ്കരാക്ക് മാത്രമേ അത് ഉള്ളൂ ബാക്കിയുള്ളവരുടെ അനുഭവം എങ്ങനെ ശങ്കരാരുടെ അനുഭവത്തിൽ അത് ശരിയാണ് നിരാകാരമാണ് മറ്റുള്ളവരുടെ അനുഭവമായിട്ട് ഒത്തുപോകണമെങ്കിൽ ശരി അത് ഒത്തുപോകില്ല എന്തുകൊണ്ട് അതാണ് വ്യക്തിനിഷ്ഠമായ അനുഭവങ്ങളെന്ന് പറയുന്നത് അവരവർക്കാണ് അത് പ്രമാണം മറ്റുള്ളവർക്കത് പ്രമാണം ആകത്തില്ല പ്രമാണമാണെങ്കിൽ ഇതുപോലെ ആയിരിക്കണം എല്ലാവർക്കും ബോധ്യപ്പെടുത്താൻ കാര്യമായിരിക്കും വ്യക്തി നിഷ്ഠമായ എന്താണ് ഇത്തരം അനുഭവങ്ങളെ നമുക്ക് പരീക്ഷിക്കാൻ പറ്റത്തില്ല നമുക്ക് അംഗീകരിക്കാം അംഗീകരിക്കായിരിക്കാം ആ ശരി ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ അനുഭവം ഉണ്ടെന്ന് നമുക്ക് അംഗീകരിക്കാം ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ അനുഭവമാണ് അത് എനിക്ക് മാത്രമാണ് അത് പ്രമാണമായിരിക്കുന്നത് മറ്റുള്ളവർക്ക് അത് പ്രമാണമാകത്തില്ല അതുകൊണ്ട് ശങ്കരാചാര്യടെ പറയുന്നത് എന്താണ് ചന്ദ്രയർക്ക് മാത്രമാണ് അത് പ്രമാണമായിരിക്കും ലങ്കരുന്നത് അങ്ങനെ ഒരു സാധനമുണ്ട് എന്താണ് അത് നിർഗുണനിരാകാരമായ ഒരു ബ്രഹ്മമുണ്ട് അവിടെ വ്യത്യാസം സംഭവിക്കുകയാണ് ആ വ്യത്യാസം കൊണ്ടാണ് ഞാനെന്ന് പറയുന്ന അനുഭവം ഉണ്ടാകുന്നത് രാമാനുജനോ മാധുനോ ആരും ഇത് ഒരു മനുഷ്യനും ഇത് അംഗീകരിക്കില്ല അപ്പോ ഇതെന്താണ് ശങ്കരാചരുടെ സിദ്ധാന്തമാണ് ഇനി ശങ്കരാചാര്യടുത്ത് ഇത് അനുഭവമാണോ എന്ന് ചോദിച്ച ആണ് അനുഭവം ആവുമെന്ന് ചോദിച്ച ഇല്ല ഇത് രണ്ടും പറയും ശങ്കരാചാര്യ ഇത് അനുഭവമാണോ എന്ന് ചോദിച്ചാൽ എന്തു പറയും അനുഭവമാണോ അങ്ങനെ അനുഭവമാകാൻ പറ്റിയ സാധനമാണോ ചോദിച്ചാൽ എന്തു പറയും അത് പറ്റിയ സാധനം രണ്ടും പറയും മനസിലായോ അപ്പൊ ഇത് ഈ പറയുന്ന ശങ്കരാചാര്യ സിദ്ധാന്തമാണ് രാമാനുജൻ പറയുന്ന രാമാനുജന്റെ സിദ്ധാന്തമാണ് അത് അനുഭവമാണെന്ന് പറഞ്ഞാൽ അതാത് പറയുന്ന വ്യക്തികളുടെ അനുഭവമാണ് വ്യക്തികൾക്ക് അത് പ്രമാണമാണ് അനുഭവം ഇപ്പൊ ഒരാൾക്ക് അനുഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് നിഷേധിക്കാൻ പറ്റില്ല ഞാൻ പറയുന്നത് എനിക്ക് രണ്ട് കൊമ്പുള്ള മനുഷ്യന്റെ അനുഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ഇത്രേ പറയാൻ പറ്റും എന്താണ് അങ്ങനെ രണ്ട് കൊമ്പുള്ള ഒരു മനുഷ്യന്റെ അനുഭവം ഞങ്ങൾക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ എന്റെ അനുഭവത്തെ നിങ്ങൾ എങ്ങനെ നിഷേധിക്കും അതെന്റെ അനുഭവമാണ് അപ്പൊ എന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ അത് എന്റെ സിദ്ധാന്തമാണ് ഞാൻ അങ്ങനെ ഒരു സിദ്ധാന്തം എനിക്കുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കി അതിനീകരിച്ചുകൊണ്ട് വേണം ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാൻ അത് ശരിയാണോ തെറ്റാണോന്നുള്ളതെന്റെ പ്രശ്നം അങ്ങനെ ഒരു സിദ്ധാന്തം യുക്തി അനുസരിച്ച് ശരിയാകുമോ ഇല്ല എന്നുള്ളതിലൂടെ ചിന്തിക്കാൻ പറ്റുന്നു പരമാവധി അങ്ങനെ ഒരു നിർഗുണനിരാകാരമായ ആത്മാവിന് എന്തെങ്കിലും യുക്തിയുണ്ടോ അതേ നമുക്ക് ചിന്തിക്കാൻ പറ്റും ശങ്കരാചാര്യ എന്താ പറയുന്നത് അങ്ങനെ ഒരു ആത്മാവിന് യുക്തിയുണ്ട് യുക്തിയിലൂടെ സമർത്ഥിക്കുന്നു അതിനാണ് ഈ ഭാഷ എഴുതുന്നത് കാരണം യുക്തി എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ ആളെ ബോധ്യപ്പെടുത്താൻ പറ്റും അനുഭവം എന്ന് പറയുമ്പോൾ ആരെയും ബോധ്യപ്പെടുത്താൻ പറ്റും പറ്റുമോ എന്റെ അനുഭവത്തെ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റും എന്നു വെച്ചാൽ എന്റെ ആന്തരികമായ അനുഭവങ്ങൾ എന്റെ ഉള്ളിൽ ഇപ്പം നിരാശയുണ്ട് വിഷാദമുണ്ട് ഇതൊക്കെ നിങ്ങളെ അങ്ങനെ ബോധ്യപ്പെടുത്തണം നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ബോധ്യപ്പെടണം നിങ്ങളുടെ ഉള്ളിൽ അത് ഞാൻ പറഞ്ഞാൽ ഞങ്ങൾ കുറെയൊക്കെ മനസ്സിലാക്കും അല്ലെങ്കിൽ ഊഹിക്കും അത്രയൊക്കെ പറ്റും എനിക്കെങ്ങനെയാണോ എന്റെ വിഷാദം ബോധ്യപ്പെടുന്ന അതുപോലെ നിങ്ങൾക്ക് എന്റെ വിഷാദത്തെ ബോധ്യപ്പെടാൻ പറ്റില്ല ആന്തരികമായ അനുഭവങ്ങളൊന്നും എന്താണ് നമ്മൾ എങ്ങനെയാണോ അനുഭവിക്കുന്ന അതുപോലെ വേറെ ആളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് പിന്നെ അത്തരം സാഹചര്യങ്ങൾ വന്നുകഴിഞ്ഞാൽ മറ്റുള്ളവരും ബോധ്യപ്പെടും അത്രയേ ഉള്ളൂ ി ചൂടാണ് എനിക്ക് ചൂട് അനുഭവപ്പെടുന്നു ചൂട് കൊണ്ട് എനിക്ക് പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നു നിങ്ങളും ചൂടല് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേ പ്രയാസങ്ങൾ അനുഭവപ്പെടും ഇത്രേ ഉള്ളൂ എന്റെ അനുഭവത്തെ നിങ്ങൾക്ക് കൈമാറ്റി തരാൻ പറ്റില്ല അത് നിങ്ങൾ തന്നെ സംഭവിക്കണം അതുകൊണ്ട് ശങ്കരായന്താ പറയുന്നത് അങ്ങനെ നിർഗുണനിരാകാരമായ ഒരു ആത്മാവ് കൊണ്ട് അതിൽ സംഭവിക്കുന്നു അത് അറിവ് എന്താണ് അറിവ് എന്റെ ഭാര്യ സുഖിയാണ് എന്റെ മകൻ ദുഃഖിയാണ് ഇങ്ങനെയുള്ള അറിവ് സംഭവിക്കുന്നു അങ്ങനെ സംഭവിക്കുമ്പോ എന്തരുന്നു എന്റെ എന്നുള്ള ബോധം വരുന്നോണ്ട് ഞാനും സുഖിയാവുന്നു ദുഃഖിയാവുന്നു എന്തിനാ ഇത് പറയുന്നത് ശങ്കരായൊക്കെ പറയുന്ന എന്തിനാ യുന്നത് ഇങ്ങനെ ഒരു അധ്യാസം കൊണ്ടാണ് എന്നിൽ സുഖവും ദുഃഖവും ഉണ്ടാകുന്നതെങ്കിൽ ഈ അധ്യാസത്തെ ഒഴിവാക്കി കഴിഞ്ഞാൽ സുഖവും ദുഃഖവും ഒഴിവാക്കാം ബാഹ്യമായ നിമിത്തങ്ങളിൽ നിന്ന് എനിക്കുണ്ടാകുന്നു സുഖം എന്റെ ഭാര്യ ദുഃഖിക്കുന്നു ഞാൻ ദുഃഖിക്കുന്നു എന്റെ മകൻ ദുഃഖിക്കുന്നു ഞാൻ ദുഃഖിക്കുന്നു അന്യന്റെ ഭാര്യ ദുഃഖിച്ചാൽ എനിക്കൊരു ബന്ധമില്ലാത്ത അന്യന്റെ മകൻ ദുഃഖിച്ച എനിക്കൊരു ബന്ധമില്ലാത്ത അവിടെ എന്റെ എന്നുള്ളൊരു വിചാരം വന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ദുഃഖിക്കില്ല അപ്പൊ എന്റെ എന്നുള്ള ബോധം അതാണ് അധ്യാസം ഈ അധ്യാസം ഒഴിവാക്കി കഴിഞ്ഞാൽ ദുഃഖത്തെ ഒഴിവാക്കാം ഇതാണ് ചങ്കരാരൻ പറയുന്നത് പഴയ കാലത്ത് മനുഷ്യന്റെ ഈ സുഖം എന്ന് പറയുന്നതും പലപ്പോഴും പ്രശ്നമായിത്തീരും എപ്പോഴും സുഖാനുകൂലമായിരിക്കും ദുഃഖവും എപ്പോഴും പ്രശ്നമാണ് ഈ സുഖ ദുഖാനുഭവങ്ങള് മനുഷ്യനെ വരയ്ക്കുമ്പോൾ എന്താണ് സുഖം ദോഷം ചെയ്യും കാരണം സുഖം ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടും കൂടുതൽ സുഖത്തിന് ആഗ്രഹിക്കാനും വേണ്ടി പല കാര്യങ്ങളും ചെയ്യും പിന്നെ അവ ദുഃഖത്തിലേക്ക് വഴിയുമായിരിക്കും അതുകൊണ്ട് സുഖത്തെയും ഒഴിവാക്കേണ്ടി വരും പലപ്പോഴും ദുഃഖത്തെ പൂർണ്ണമായും ഒഴിവാക്കണം അപ്പോൾ സുഖത്തെയും ദുഃഖത്തെയും ഒഴിവാക്കുന്നതിന് സുഖവും ദുഃഖം എന്ന് പറയുന്ന ഈ അനുഭവം ഒരു അധ്യാസമായതുകൊണ്ട് ഈ അനുഭവത്തെ ഒഴിവാക്കണം എന്നു വെച്ചാൽ അധ്യാസത്തെ ധർമ്മധ്യാസത്തെ ഒഴിവാക്കണം സുഖദുഃഖങ്ങൾ ഒഴിവാക്കും അതെങ്ങനെ ഒഴിവാക്കും അപ്പൊ എന്റെ എന്നുള്ള വിചാരം പോണം അപ്പോ അതിലുള്ള ദുഃഖം എന്നിൽ വരത്തില്ല എന്റെ പുത്രൻ വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുന്നു പുത്രന്റെ ദുഃഖത്തെ എന്റെ ദുഃഖമാക്കത്തില്ല അവിടെ എന്റെ വിചാരിക്കുന്നത് എന്റെ വിചാരിക്കുന്ന അധ്യാസമാണോ ആദ്യാസത്തെ കളഞ്ഞാ മതി അപ്പൊ ആ ഒരു ദുഃഖത്തെ ഒഴിവാക്കാം ധർമ്മധ്യാസത്തെ ഒഴിവാക്കിയാണ് അങ്ങനെ ദുഃഖത്തെ ഒഴിവാക്കഴിഞ്ഞാ ആർക്കാണ് ഈ ദുഃഖം ഒഴിവാകുന്നത് എന്നൊരു ചോദ്യം വരും ആർക്കാ ദുഃഖം ഒഴിവാകുന്നത് ആ നിർഗുണമായിരിക്കുന്ന ആത്മാവ് അതുകൊണ്ട് തന്നെ എന്തായിട്ടറിയണം നിർഗുണമായ ആത്മാവായിട്ടറിയണം അപ്പൊ തന്റെ മനസ്സിന്റെ സുഖദുഃഖങ്ങളൊക്കെ ഒഴിവാക്കി തന്നെ ഒഴിവാക്കാന്ന് പറഞ്ഞാ ആ അധ്യാസത്തെ ഒഴിവാക്കും അറിവിനെ അറിവിനെ ഒഴിവാക്കിയിട്ട് എന്തു ചെയ്യണം താൻ സുഖിയും ദുഃഖിയല്ലെന്നറിയും അപ്പൊ ഇതിനെങ്ങനെ ഒഴിവാക്കും ഈ അധ്യാസത്തെ എന്തേന്നുള്ളതിനെങ്ങനെ ഒഴിവാക്കും എന്റെ പുത്രൻ എന്റെ പുത്രനാണല്ലോ വേറെ ആരെങ്കിലും ആകും എന്റെ ഭാര്യ എന്റെ ഭാര്യയാണ് വേറെ ആരെങ്കിലും ആകും പിന്നെ ഇതെങ്ങനെ ഒഴിവാക്കും അതിന് വേണ്ടി ചന്ദ്രനായ താൻ എന്റെ ഒഴിവാക്കണെങ്കിൽ താൻ ആരാണെന്ന് ായ നിരാകാരനായ ആത്മാവാണെന്നറിയണം ഞാൻ ആത്മാവാണെന്നറിയുമ്പോൾ എന്തോ നിർഗുണനും നിരാകാരണമായതുകൊണ്ട് തന്നെ പിന്നെ അവിടെ എന്റേതെന്നുള്ള അത്യാസം പിന്നെ ഇല്ലാതാകുന്നു നിർഗുണനൊന്നും ഇല്ലല്ലോ സ്വന്തമായിട്ട് നിർഗുണൻ നിരാകാരന് സ്വന്തമായിട്ടൊരത്യാസമില്ല അപ്പൊ എന്ന സ്വാതപങ്ങളൊന്നുമില്ല അപ്പൊ അങ്ങനെ നിർഗുണ നിരാകാരനാണോ താൻ ആണ് എന്നാണ് ശങ്കരാചാര്യ പറയും നീ നിർഗുണ നിരാകാരനാണ് അപ്പൊ നിന്നുള്ള അധ്യാസം ഒരു അധ്യാസമില്ല കാരണം നിർഗുണ നിരാകാരന് എന്റേതെന്ന് പറയാൻ ഒന്നുമില്ല അപ്പൊ എന്തേന്നറിഞ്ഞാലേ ദുഃഖമുള്ളൂ അപ്പൊ എന്തേന്നറിയാവുന്നില്ലെങ്കിൽ എന്താണ് ഞാൻ നറക്കണ ദുരാകാരനാണെന്ന് തന്നെ അറിഞ്ഞുകഴിഞ്ഞ എന്താണ് അങ്ങനെ അറിയാതിരിക്കുന്നതിനാണ് അജ്ഞാനം എന്ന് പറയുന്നു അറിഞ്ഞ് അറിയുന്നതിന് ജ്ഞാനം എന്നും പറയുന്നു അപ്പൊ ജ്ഞാനം കൊണ്ട് എന്ത് ചെയ്യുന്നു ഈ ദുഃഖങ്ങളെല്ലാം ഒഴിവാക്കുന്നു അതിനു വേണ്ടിയിട്ടാണ് ഈ അധ്യാസത്തെ ഇങ്ങനെ വിശദീകരിക്കുന്നത് അപ്പോ ഈ സുഖദുഃഖത്തിന്റെ അനുഭവം അതും ഒരറിവാണ് സുഖത്തീ അനുഭവങ്ങളെ ഇല്ലാതാക്കുന്നതും അറിവുകൊണ്ടാണ് അധ്യാസം എന്ന് പറയുന്നത് ഒരറിവാണ് അധ്യാസത്തെ ഇല്ലാതാക്കുന്നതും എന്താണ് ഒരറിവാണ് അപ്പോൾ അതാണ് അറിവുകൊണ്ട് അജ്ഞാനം നശിക്കുന്നതെന്നും അറിവുകൊണ്ട് മോക്ഷമെന്നും പറയുന്നതിന് ഇതൊക്കെ അംഗീകരിക്കണമെങ്കിൽ എന്തുവേണം സിദ്ധാന്തപരമായിട്ട് ഒരു കാര്യം സ്വീകരിക്കണം എന്താണ് ഞാൻ ആത്മാവാണെന്ന് സ്വീകരിക്കണം അത് അതങ്ങനെ അങ്ങനെ ഒരു ഞാൻ ആത്മാവാണോ അങ്ങനെ സംശയിക്കാൻ പാടില്ല പിന്നെ എന്താണ് ഞാൻ ആത്മാവ് ആണ് അത് എങ്ങനെയുള്ള ആത്മാവ് നിർഗുണ നിരാകാരമായ ഒരു ആത്മാവാണെന്ന് തന്നെ കുറിച്ച് ഉറപ്പിച്ചിട്ട് ബാക്കിയുള്ള അറിവുകളെയെല്ലാം തള്ളിക്കളയുക എന്നുവച്ചാ മമ മമത എന്റേതെന്നുള്ള അറിവിനെയൊക്കെ തള്ളിക്കളയുക അപ്പവിടെ സുഖ കാരണം സുഖദുഖങ്ങൾ ഒന്നിനെ കളഞ്ഞാ പോരാ കാരണം ഇപ്പൊ സുഖം നാളെ വീണ്ടും ദുഃഖം വരാനത് കാരണമാകും ദുഃഖം പിന്നീട് ഭാവിയിൽ ചിലപ്പോൾ സുഖവും അങ്ങനെയും വരാം ഇപ്പൊ രണ്ടിനി പാടെ തള്ളിക്കളയുക ഒന്നിനെ മാത്രം തള്ളിക്കളഞ്ഞോണ്ട് അപ്പം അതിനു വേണ്ടിയിട്ട് ഇവിടെ അധ്യാസം ഒന്ന് ഇതിനെയൊക്കെ അംഗീകരിക്കണം എൻ്റെ എന്നുള്ള ഈ ഇതെല്ലാം എന്താണ് സ്വാമിത്വം ഇത് അധ്യാസമാണ് ഈ അധ്യാസത്തിന് നിഷേധിക്കുന്നതിനാണ് താൻ നിർഗുണനായ ആത്മാവെന്നുള്ള ഒരറിവുണ്ടാവേണ്ടത് ആ അറിവ് അതാണ് ഞാൻ ആ അറിവുകൊണ്ട് ഇതിനെ നിഷേധിക്കുന്നു അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു ഞാൻ നിർഗുണനായ നിരാഹകാരനായ ഒരു ആത്മാവാണ് ഒരാത്മതത്വമാണെന്ന് അറിയണം അങ്ങനെ അറിയണം ഇതാണ് ശങ്കരായ വഴി ആണ് നിർഗുണനിരാകരണ ആത്മാണോ ആണ് ആണെന്നാണ് ഉറച്ചാരു പറയുന്നത് ശങ്കരായ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അധ്യാസം പോയി അദ്ദേഹം പോയാൽ പിന്നെ ആ സുതുക്കങ്ങളും ഇല്ലെങ്കിൽ പിന്നെ ോക്ഷം മുത്തനം ഇതാണ് ചങ്കരായരുടെ രീതി അതിനാണ് ഈ അധ്യാസത്തെ ഇത്രയും വിശദീകരിക്കുന്നത് ജീവിച്ചിരിക്കുമ്പോഴാണല്ലോ ചിന്തിക്കുന്നത് ഇതൊക്കെ ഇതെല്ലാം ചിന്തയിലൂടെയാണ് ഇതൊക്കെ സാധിക്കുന്നത് മനനത്തിലൂടെ ഇതൊക്കെ സാധിക്കുന്നത് ചിന്തിച്ചു ചിന്തിച്ചിട്ടാണ് ഈ എന്റെ എന്നുള്ള വിചാരത്തെ അറിവിനെ ഇല്ലാതാക്കുന്നത് ചിന്തയിലൂടെയാണ് ഞാൻ നിർഗുണനായ ആത്മാവാണെന്ന് ഉറപ്പിക്കുന്നത് എല്ലാം ചിന്തയിലൂടെയാണ് അങ്ങനെയാണ് സ്വയം എന്ത് ചെയ്യുന്നു സുദുഃഖങ്ങളില്ലാത്തവനാണെന്ന് തന്നെ അറിയുന്നത് സുദുഖങ്ങളില്ലാത്തവനാണെന്ന് തന്നെ അറിയുന്നതാണ് സുഖുഖങ്ങളിൽ നിന്നുള്ള തന്റെ മോചനം അതാണ് മോക്ഷം അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്നതെല്ലാം മാനസികമായ പഴയകാലത്തുള്ള ഒരു മാനസിക ചികിത്സ ഇതെല്ലാം മാനസികമാണ് മനസിലായി മനസ്സുകൊണ്ടൊരാത്മാവുണ്ടെന്ന് ഉറപ്പിക്കുക മനസ്സുകൊണ്ട് ദുഃഖത്തിന്റെ കാരണം എന്തെന്ന് കണ്ടുപിടിക്കുക ദുഃഖത്തിന് വളരെ എളുപ്പമായൊരു കാരണമാണ് കണ്ടുപിടിച്ചത് അധ്യാസമാണ് എന്നിട്ട് മനസ്സുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക അധ്യാസത്തെ നിരാകരിക്കുക നിഷേധിക്കുക ആ നിഷേധിക്കുന്ന എന്താണ് അറിവാണ് അറിവുകൊണ്ടെന്താണ് താൻ ആത്മാവാണെന്ന് അറിയുക അറിയുമ്പോൾ പിന്നെ തന്നെ ദുഃഖമില്ലാന്നറിയുക തന്നെ ദുഃഖമില്ലായെന്നറിഞ്ഞു കഴിഞ്ഞാൽ താൻ ദുഃഖത്തിൽ നിന്ന് മുക്തനാണ് അതുവരെയാണ് ശങ്കരാചാര്യർ പറഞ്ഞു വെക്കുന്നത് അവന് ജീവൻ മുക്തനെന്ന് പറയും അതിന് സമാധിയും ഒന്നും ആവശ്യമില്ല ഇത്ര ചർച്ച ചെയ്യുന്നത് മനസിലായേ സിംപിൾ ആണ് മാനസികമായ ഒരു ചികിത്സയാണത് മാനസിക ചികിത്സ പ്രശ്നങ്ങളൊക്കെ മാനസികമാണ് അതുകൊണ്ട് മാനസികമായ പ്രശ്നങ്ങളെ ഇങ്ങനെ ഒരറിവുണ്ട് ഇല്ലാതാക്കുക ഇതാണ് ഈ പറയുന്നതിന്റെ പഴയ മനഃശാസ്ത്ര ചികിത്സ എന്ന് പറയാം പണ്ടത്തെ അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു വരുമ്പോഴത്തേക്കും ഇന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും അത് ഇതിനെ പറഞ്ഞു പറഞ്ഞു പരത്തി പരത്തി പരത്തി കൊണ്ടുപോകുമ്പോ ഇനി എത്ര വേണോ പറയാം എത്ര പുസ്തകങ്ങൾ വേണോ എഴുതാം ഇതിനെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങളൊക്കെ വരും ചോദ്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും മറ്റൊരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ലല്ലോ ഇവിടെ ഇപ്പൊ അത്യാസം ഒരു കാര്യം മാത്രേ അതിൻ്റെ ഉപയോഗം എന്താണെന്നുള്ള മാത്രമേ ചിന്തിക്കുന്നുള്ളൂ ഇത് മാത്രം പോലുള്ളൂ ഇതിൽ ഒരുപാട് ചോദ്യങ്ങൾ വരും ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാ പ്രശ്നത്തിനും സമാനം പറയും അപ്പോൾ എന്തു ചെയ്യും ബ്രഹ്മസൂത്രം ഇത്രയും വലിയ ബസ്സോ ഇത്രയും വലിയ വ്യാഖ്യാനങ്ങൾ വരും അതിലൂടെ പോകുന്ന എന്തുകൊണ്ടാണ് ഓരോ ചോദ്യങ്ങളും വരും ഇങ്ങനെയൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ അംഗീകരിക്കത്തില്ല ഇത്രയും പറഞ്ഞാൽ അതിന്റെ ദുഃഖം പോകും അങ്ങനെ പോകൂ എന്ന് ചോദിച്ചാൽ അതിന് സമാനം പറയും വീണ്ടും ചോദ്യം വീണ്ടും സമാധാനം അങ്ങനെ പോകുന്നോണ്ടാണ് ബ്രഹ്മസൂത്രം വലുതാകുന്നത് ചുരുക്കം ഇത്രേ ഉള്ളൂ ഇത് തന്നെയാണ് നമ്മുടെ ദൈവം ഇതിനെ നാം ഇതിനെ മുമ്പിൽ കണ്ടിരുന്നേ ഇപ്പോൾ നമുക്ക് ഇവിടെ യാതൊരു മറവും കാണുന്നില്ല നാം ദൈവം ഒന്നായിട്ടില്ല പഴവീത നാം ദൈവത്തോടെ അത് ഈ പറയുന്ന ആട്ടുന്ന ഒരു ബന്ധമില്ല അത് വേറെ കാര്യം പറയും ഇവിടെ പറയുന്നത് മനസ്സിലാക്കുക എന്താണെന്നുള്ള അത് വേറെ കാര്യം പറയും ഇവിടെ അധ്യാസം എന്ന് പറയുന്നത് ഒരു കാര്യത്തെ ചർച്ച ചെയ്യുന്നു എന്നുള്ളതിനു വേണ്ടി പറയും അത് ഇതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള പറയുന്നു എന്ത് ചെയ്യുന്നു ഒരു ആത്മാവിനെ സ്വീകരിച്ചേ പെട്ടു ആത്മാവിനെ അംഗീകരിച്ചേ പെട്ടു അപ്പൊ താൻ ആത്മാവാണെന്ന് ഉറപ്പിച്ചാൽ മാത്രമേ ഈ അധ്യാസത്തെ മാറ്റാൻ പറ്റൂ അതിന് അതെങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ള കാര്യം ആണ് പറഞ്ഞത് അതിനു വേണ്ടിയിട്ടാണ് ഈ അധ്യാസത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നതെന്ന് പറഞ്ഞത് മനസിലായോ